മദ്യനിലേക്ക് അവരുടെ സഹോദരനായ ഷൈബ് അലി ഹിസ്സലാമിനെ നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ നിങ്ങൾ അള്ളാഹുസ്ബഹാനഹൂവ ചായലയെ ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറയ്ക്കരുത് നിങ്ങളെല്ലാം ഐശ്വര്യത്തിലാണെന്ന് ഞാൻ കാണുന്നു എന്നാൽ എല്ലാറ്റും വലയം ചെയ്യുന്ന ഒരു ദിവസത്തെ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കു വേണ്ടി ഭയപ്പെടുന്നു